പ്രവാചകന്റെ ഭാര്യമാരെ നിങ്ങളിൽ ആരെങ്കിലും പരസ്യമായ മ്ളേച്ഛമായ പ്രവൃത്തി ചെയ്താൽ അവൾക്ക് നൽകുന്ന ശിക്ഷ രണ്ടുമടങ്ങ് വർദ്ധിപ്പിക്കപ്പെടും അത് അല്ലാഹു സുബാനഹുവത്ത ആലയ്ക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്